ശ്രീ ശ്രീമതി ശ്രീസ്മീ to speak in English തസ് എസ്മാനസംഭൂരേരാപ്പീ പൃഥി ഓഷധിയ ഓഷധേയോ അന്ന അപുരുഷ പുരുഷോ അന്നമയമ പക്ഷുത്തര പക്ഷം അയം ആത്മാ ഇതം പുച്ഛം പ്രതിഷ തദപ്യേഷ ശ്ലോകോ സി പുരുഷവിഹ വിദ്യം ബ്രഹ്മസ്രാമേദമ താഹ്യകാരവിശേഷ ബുദ്ധി അനലംബ്യശേഷം കിജി സഹസാധ്യഗാത്മവിഷയാലംബന കശക്തി ദൃഷ്ടശരീരാത്മസാമാന്യകല്പനയാച്രദനവന്ധ പ്രവയൻ ആഹ തസ് ഇതമേവിര ഇവിടെ പഞ്ച കോശങ്ങളെ കുറിച്ച് പറയുന്നു അതില് ആദ്യം വരുന്ന അന്നമയ കോശം അന്നമയം മനോമയം പ്രാണമയം വിജ്ഞാനമയം ആനന്ദമയം ഇങ്ങനെ ക്രമത്തിൽ വിശദീകരിക്കുന്നു അത് എന്തുകൊണ്ട് അന്നമയമായ ആത്മാവിനെ കുറിച്ച് പറയുന്നു ആത്മാവ് സർവത്തോടും താതാത്മ്യത്തിലാണോ പാവി എന്നാലും അത് അന്നമയമല്ല അതിന് അന്നമയമായിരിക്കുന്നത് ഈ ശരീരമാണ് ഇതിനെന്തുകൊണ്ട് ആത്മാവെന്ന് പറഞ്ഞു അതിന് സമാധാനം എന്നൂടെ പറയുന്നു സഹി പുരുഷ ഇപ്പുരുഷൻ എന്ന് പറഞ്ഞു അന്നരസമയ അന്നരസമയനായ പുരുഷൻ ജനിക്കുന്നവൻ ജനിക്കുന്നവെല്ലാം പുരുഷനാണ് അതിൽ മനുഷ്യനായിട്ടുള്ളവൻ ഇഹവിദ്യ അന്തരതമ്മും ബ്രഹ്മ സംക്രാമ ഇതും ഇഷ്ട ജ്ഞാനത്തിലൂടെ സ്വസ്വരൂപത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് അന്തരതമം ബ്രഹ്മം ഈ അന്നമയത്തിനും അന്തരതമ അതിനും ആധാരമായിരിക്കുന്ന ബ്രഹ്മത്തെ സംക്രാമയതും ഇഷ്ട്രഹ്മത്തെ പ്രാപിക്കുന്നതിന് താല്പര്യമുള്ളവനാണ് ഈ പുരുഷൻ അവൻ അന്നമയനായി ആണ് ജനിച്ചിരിക്കുന്നതെങ്കിലും അവന്റെ താൽപ്പര്യം എന്താണോ എന്താണ് സത്യം അതിനെ അറിയുക എന്നുള്ളതാണ് അതാന്തരതമമാണ് അന്നമയമായ ഈ സ്ഥൂലത്തെ അപേക്ഷിച്ചത് ആന്തരികമാണ് സൂക്ഷ്മമാണ് ആധാരമാണ് അതിനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു പുരുഷൻ എന്നാലും ബാഹ്യാകാല വിശേഷേഷു അനാത്മ ബുദ്ധി പക്ഷെ അവന്റെ ബുദ്ധി എന്നോട് പറഞ്ഞു വിദ്യയാ വിദ്യ കൊണ്ടാണ് ആത്മസാക്ഷാത്കാരങ്ങാൽ സർവത്തിനും ആശ്രയിക്കേണ്ടി വരുന്നെന്താണോ സ്വബുദ്ധിയോ ബന്ധനത്തിനും മോക്ഷത്തിനും സാധനങ്ങൾക്കും എല്ലാം ഈ ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് ഈ ബുദ്ധിക്കെന്താ കുഴപ്പം ാഹ്യാകാര വിശേഷു അനാത്മസു ആത്മഭാവിത ബാഹ്യാകാര വിശേഷം ബാഹ്യാകാര വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ സ്ഥൂലശരീരം നാമരൂപാത്മകമായ ജഗത്ത് ശബ്ദസ്പ്രശാദ വിഷയങ്ങൾ ഇതെല്ലാം ബാഹ്യാകാര വിശേഷങ്ങൾ ഇതിൽ അനാത്മസു ഇതൊന്നും ആത്മാവല്ല എങ്കിലും ആത്മഭാവിതാ ബുദ്ധി ഇതെല്ലാം ആത്മാവാണെന്ന് ധരിക്കുന്ന ബുദ്ധി അങ്ങനെ ഒരു ബുദ്ധിയാണ് ഈ പുരുഷനുള്ളത് പുരുഷൻ ആഗ്രഹിക്കുന്ന എന്താണ് ഇതിനെ വിട്ടിട്ട് അന്തരതമമായിരിക്കുന്ന ആന്തരതമമായിരിക്കുന്ന ബ്രഹ്മത്തെ സ്വസ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ പക്ഷെ അവന്റെ ബുദ്ധിയോ ശരീരം ഉൾപ്പെടെയുള്ള അനാത്മവസ്തുക്കളിൽ ാണ് ഇതാണ് താൻ എന്നിങ്ങനെ ഉറച്ചുപോയതാണ് തത്വവും പരമാർത്ഥവും പേരെ ജീവന്റെ അനുഭവം മറ്റൊന്നും ഈ ജീവന്റെ അനുഭവ തലത്തിൽ നിന്നും അനാത്മ വസ്തുക്കളിൽ ആത്മബോധത്തോടുകൂടി ഇരിക്കുന്ന ഈ അനുഭവ തലത്തിൽ നിന്നും അവനെങ്ങനെ പരമാർത്ഥത്തിലെത്തിക്കും രണ്ടും കൂടി ഒരു ബന്ധവുമില്ലല്ലോ അനാലംബ്യ വിശേഷം കിഞ്ചിത് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു വിശേഷത്തെ ആശ്രയിച്ചേ പറ്റും ആ ബുദ്ധിക്ക് ഇവിടെ നിന്ന് പരമാർത്ഥത്തിലെത്തിച്ചേർന്നു കാരണം ഈ ബുദ്ധി ഇപ്പോൾ അതിന് പര്യാപ്തമുണ്ട് അനാലംബ്യ വിശേഷം കിഞ്ചിത് സഹസ ആന്തരിതമ പ്രത്യേകാത്മവിഷയ നിരാലംബനാ ചർത്ഥം അസഖ്യ ബുദ്ധിയെ നിരാലംബനമാക്കുക അശക്കിയ അത് എളുപ്പമില്ല ബുദ്ധി വളരെ സ്ഥൂരവും പ്രാവൃതവുമാണ് അത് ബഹിർമുഖമാണ് അങ്ങനെയുള്ള ആ ബുദ്ധിയെ നിരാലംബനയാക്കുക ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം മാറ്റുക വിഷയശൂന്യമാക്കുക പ്രത്യേകാത്മവിഷയ രണ്ട് കാര്യങ്ങളാണ് ഒരു രസം ചെയ്യേണ്ടി വരുന്നത് ഒന്ന് ബുദ്ധി ശരീരം ഉൾപ്പെടെ ഉള്ളതിൽ ആത്മബോധത്തിൽ ഉറച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിരാലംബനമാക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്നെല്ലാം ബുദ്ധി മാറ്റണം ബുദ്ധിയെ പഠിപ്പിക്കുന്ന ഇതല്ല ആത്മാവ് ഇതല്ല നിന്റെ സ്വരൂപം ഇതന്നെ നീ അറിയേണ്ടത് ഇതന്നെ നീ സാക്ഷാത്കരിക്കേണ്ടത് ഇങ്ങനെ ബുദ്ധി മാറ്റിയെടുക്കുന്നു നിരാലംബനമാക്കുക എന്താണോ അതിപ്പം ആലംബനമായി ആശ്രയമായി കണ്ടിരിക്കുന്നത് ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തിന് അതിൽ നിന്നും അതിനെ മാറ്റിയെടുക്കുക അതെങ്ങനെ മാറ്റാൻ പറ്റും ചിത്രത്തിന് ഒരാലംബനം കൂടിയേ കഴിയുക അല്ലാലും നിലനിൽക്കാൻ വിഷയമാകുന്ന ആലംബനത്തിൽ നിന്ന് അതിനെ മാറ്റണമെങ്കിൽ പ്രത്യേകാത്മവിഷയ ആന്തരികമായിരിക്കുന്ന ആത്മസ്വരൂപത്തിൽ അതിന്റെ ആലംബനമാക്കണം അത് സഹസ കറുത്തും വസിക്കുക അത് പെട്ടെന്നു നിന്നും ചെയ്യാൻ സാധ്യമല്ല ബാഹ്യത്തിൽ നിന്നും മനസ്സിന് പിന്മലിച്ച് അതിന് ആത്മാവിലുറപ്പിക്കുക എന്ന് പറയുന്നത് കറുത്തും വസയ്ക്കുക അത് ഏറെക്കുറെ അസാധ്യം തന്നെയാണ് പെട്ടെന്ന് ചെയ്യുക ആത്മാവ് ഇന്നതാണെന്ന് കേട്ടു എന്നാലും ഇനി ആത്മാവ് മനസ്സിരിക്കട്ടെ മനസ്സ് മറ്റിടത്തും വേണ്ട എന്നൊന്നും കരുതിയല്ല മനസ്സ് നിൽക്കത്തില്ല അതുകൊണ്ടെന്താണ് ഇത് ദുഷ്ടശരീരാത്മസാമാന്യ കൽപ്പനയ ശാഖാചന്ദ്ര നിദർശനവത് അന്തപ്രവേശിയൻ അതുകൊണ്ടെന്ത് വരുന്നു ഇപ്പൊ പ്രത്യക്ഷത്തിൽ എന്താ ഉള്ളത് ബുദ്ധിയുടെ ഷയമായിട്ട് എന്നുള്ളത് ഈ ശരീരാത്മബോധമാണ് ദുഷ്ട ശരീരാത്മസാമാന്യകല്പനല്ല ഈ ശരീരാത്മബോധമാണ് ഇവിടെ ഇപ്പോ ഉള്ളത് വാദ്യം ഈ ഉള്ളതെന്തോ അതിനെ ആശ്രയിക്കുക അതിനാശ്രയിച്ചുകൊണ്ട് എന്താണ് അന്തപ്രവേശിക്കുന്നത് ആ ബുദ്ധിയുള്ളിലേക്ക് പ്രവേശിക്കുന്നു പിന്നെ പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് സാധ്യശ്രയിച്ച മതിയാവും അദ്വൈതം പരമമായ തത്വത്തെ ബോധിപ്പിക്കുന്നുണ്ടെങ്കിലും അദ്വൈതം ബോധിപ്പിക്കുന്ന തത്വത്തെ ഉൾക്കൊള്ളുന്നതിന് ബുദ്ധി പരിപാട്ടിട്ടില്ലെങ്കിൽ മറ്റുപായങ്ങൾ മറ്റെന്തുപായമാകാം അതുകൊണ്ട് അദ്വൈതത്തിൽ മറ്റുള്ള എല്ലാ സമ്പ്രദായങ്ങളും എല്ലാ സാധനങ്ങളും അന്തർഭവിച്ചിരിക്കുന്നു അദ്വൈതമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്നതാണ് ഇന്നത് മാത്രമേ ആകാവൂ എന്നില്ല െന്ന് പറയുന്നു ദുഷ്ടശരീരാത്മ സാമാന്യ ആദ്യം കേവലം ഈ ശരീരം ആത്മാവാണ് എന്ന ഒരു ശാസ്ത്രവും പറയാതെ അവൻ ധരിച്ചിരിക്കുകയാണ് അതിനെ തന്നെ അവനവർപ്പിക്കുക ശരീരത്തിന്റെ ആത്മാവ് ആദ്യ ശരീരത്തിലവർക്കെ അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു അതിസൂക്ഷ്മമായ വിഷയത്തെ നേരിട്ട് ബോധിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള യുക്തികൾ ഉപയോഗിക്കാറുണ്ട് അതാണ് ശാഖാചന്ദ്ര നിദർശന ശാഖാചന്ദ്ര ദൃഷ്ടാന്തം ചന്ദ്രൻ ക്ഷയിച്ച് ചെറിയൊരു കല മാത്രമായി ആകാശത്ത് നിൽക്കുമ്പോൾ ആകാശത്തുനിന്ന് അതിനെ കണ്ടുപിടിക്കുക എളുപ്പമല്ല നേരിട്ട് ആകാശത്തേക്ക് ഒരാളെ ചൂണ്ടിപ്പാട്ടി അതാണ് കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു അതുകൊണ്ടൊരു വൃക്ഷത്തെ കാണിക്കുന്നു ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന വൃക്ഷത്തിലേക്ക് നോക്കാൻ പറയുന്നു വൃക്ഷത്തിൽ ഇതവിടെയാണ് ചന്ദ്രൻ അപ്പൊ ഇവിടെ വൃക്ഷത്തിലാണോ ചന്ദ്രനല്ല വൃക്ഷത്തിന്റെ ഒരു ശിഖരത്തെ ആ പടിഞ്ഞാറോട്ട് പോകുന്ന ശിഖരം എന്ന് പറഞ്ഞൊരു ശിഖരത്തെ കാണിക്കും എന്നിട്ടൊരു ആ ശിഖരത്തിലാണോ വൃക്ഷത്തിന്റെ ശിഖരത്തിലാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വൃക്ഷത്തിന്റെ ശിഖരത്തിൽ ചന്ദ്രനിരിക്കാൻ കഴിയും അല്ല വൃക്ഷ ശിഖരം സ്ഥൂലമുക്ക് വളരെ ദൂരാകാശദേശത്ത് കാണുന്ന ചന്ദ്ര കലാതിസൂക്ഷ്മു വസ്തുലമായതിനാദ്യം ഗ്രഹിക്കുക വൃക്ഷത്തെ ഗ്രഹിച്ചു പിന്നെ ഉച്ഛശിഖിരത്തെ ഗ്രഹിച്ചു വൃക്ഷശിഖിരത്തിലാണ് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ആ വൃക്ഷശിഖിരത്തെ ഗ്രഹിക്കുമ്പോൾ അത് കഴിഞ്ഞു ആ വൃക്ഷശിഖരത്തിന് തൊട്ടുമുകളിലായി അല്ലെങ്കിൽ അതിന് താഴെയായി കാണുന്ന കലയെ കണ്ടുപിടിക്കുന്നു പക്ഷേ നേരിട്ട് മായ കലയെ ബോധിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയുന്നു അത് ശാഖായം ചന്ദ്ര ചന്ദ്രൻ ശാഖയിലാണ് ചന്ദ്രൻ ശാഖയിലാണെന്ന് തന്നെ ആഗ്രഹിക്കുന്നു എന്നിട്ട് ശാഖയിലാണ് നോക്കുന്നത് അപ്പോൾ ശാഖയുടെ തൊട്ടടുത്തായി ചന്ദ്രനെ കാണുന്നു അതാണ് ശാഖ ചന്ദ്രൻ നിദർശനം ഏതെങ്കിലും ഒരു ആലംബനം ബുദ്ധിക്ക് വരുന്നു ഇതിനോട് അടുക്കാൻ പറ്റിയ ആകുമ്പോൾ തന്നെ ബാഹ്യമായ ശബ്ദസ്പർശ രൂപരസംഭ വിഷയങ്ങളിൽ എന്തായാലും ആത്മബോധമില്ല ഇത് ശബ്ദമാണ് ഇത് സ്പർശമാണ് ഇത് രൂപമാണ് ഇങ്ങനെയുള്ള ബോധം ഇത് ആത്മാണെന്ന് ബോധമില്ല അതായത് ഇതാണ് താൻ ഒന്നും ബോധിക്കുന്നില്ല മറിച്ച് ശരീരത്തെ സംബന്ധിച്ച് അങ്ങനല്ല അതിനെ അറിയുന്നുള്ളൂ ഇതാണ് താൻ ഇതാണ് ഞാൻ എന്നറിയുന്നു അപ്പോൾ അവിടെ ആത്മബോധം വന്നു കഴിഞ്ഞു പക്ഷെ ആത്മബോധം ശരീരത്തിലാണെന്ന് ബാഹ്യമായ വിഷയങ്ങളിലൊന്നും ലഭിക്കാത്ത ആത്മബോധം ശരീരത്തിലാണ് ലഭിച്ചത് അപ്പോൾ ആത്മാവിനെ അവിടെ നിന്ന് അന്വേഷിക്കുന്നു അതുകൊണ്ട് ഈ സ്ഥൂലമായിരിക്കുന്ന ഈ ശരീരത്തെ തന്നെ ആത്മാവാണെന്ന് ബോധിപ്പിക്കുന്ന ശരീരത്തിലാണ് ആത്മാവ് ശരീരമാണ് ആത്മാവ് അവിടെ നിന്ന് അന്വേഷണം തളവും ഈ ശരീരം അങ്ങനെ ആത്മാവാകും ഇത് ആത്മാവാകാൻ തരമില്ല അതിന്റെ പിന്നിലേക്ക് പോകുന്നു അതിനാണ് ശാഖാചന്ദ്ര നിദർശനം എന്ന് പറയുന്നത് അന്ധപ്രവേശൻ അങ്ങനെ ആ ബുദ്ധി എന്ത് ചെയ്യുന്നു പെട്ടെന്നാ ബുദ്ധിക്ക് ഈ ശരീരം വിട്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ വയ്യ അല്ലെങ്കിൽ ബാഹ്യമായ വിഷയങ്ങളെ വിട്ടിട്ട് ശരീരമാകുന്ന ആത്മാവിനെ ഗ്രഹിക്കാൻ വയ്യ പക്ഷേ വിശാഖാചന്ദ്രൻ ദർശനത്തെ പോലെ ആദ്യം ഈ ശരീരമാകുന്ന ആത്മാവിനെ ബോധിപ്പിച്ചുകൊണ്ട് ആ ബുദ്ധിയെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് ആദ്യം അന്നമയകോശത്തെക്കുറിച്ച് പറയുന്നത് ഏതിനാത്മാവെന്ന് പറഞ്ഞാലും ദോഷമുണ്ട് എന്തുകൊണ്ട് ആത്മാവ് സർവതാതാത്മ്യത്തിൽ സ്ഥിരീകരിക്കുക അതുകൊണ്ട് എന്തിനേയും പറയാം ആത്മാവെന്ന് പക്ഷേ ശരീരമാണ് ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിച്ഛിന്നമായ ശരീരമാണ് ആത്മാവെന്ന് ധരിച്ചു പോകും നശ്വരമായ ശരീരമാണ് ധരിച്ചു അതുകൊണ്ട് അതുപദേശിക്കുകയല്ല താൽപര്യം അതിന്റെ ഉപദേശത്തിലൂടെ അതിന് സൂക്ഷ്മമായ തത്വത്തിലേക്ക് ക്രമമായി ജീവനെ കൊണ്ടുപോവുക ഇതുതന്നെയാണ് മറ്റെല്ലാ ആധ്യാത്മിക സാധനങ്ങളെ സംബന്ധിച്ച് ദേവതാരാധന വിഗ്രഹാരാധന ജപം തുടങ്ങിയുള്ള അനുഷ്ഠാനങ്ങളും എല്ലാം അദ്വൈതത്തിൽ സമ്മതമായിരിക്കുന്ന ഇതുകൊണ്ടാണ് കാരണം ഗുരുവിന്റെ ബുദ്ധി ആ പരമാർത്ഥ തത്വത്തെ ഗ്രഹിക്കുന്നതിന് സമർത്ഥമല്ലെങ്കിൽ അവൻ എന്തിനാണോ ഇപ്പോൾ അങ്ങനെ ഗ്രഹിക്കുന്നത് പരമാർത്ഥമായി അവിടെ നിന്ന് തുടങ്ങുക ദേവതയെ പരമാർത്ഥമായി ഗ്രഹിക്കുന്നു എന്നാലായിക്കോട്ടെ അവിടെ നിന്ന് തുടങ്ങുക വിഗ്രഹത്തെ പരമാർത്ഥമായി ഗ്രഹിക്കുന്നു നിഷേധിക്കേണ്ട കാര്യമില്ല അതിനാദ്യം അംഗീകരിക്കുക അവിടെ തുടങ്ങുക ക്രമേണ അത് നിഷേധിക്കപ്പെടും ആ യുക്തി തന്നെയാണ് പഞ്ചകോശത്തെ വിശദീകരിക്കുന്നിടത്തും പ്രയോഗിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും അദ്വൈതത്തിനെതിരല്ല അദ്വൈതയ്ക്ക് ജപിക്കാമോ പ്രാർത്ഥിക്കാമോ ഭജിക്കാമോ അതിൻ്റെ ആവശ്യമുണ്ടോ അതിന് സമാധാനവും പൊതുവായ സമാധാനവും കൂടെ പറഞ്ഞിരിക്കുന്നു അദ്വൈതം ശരി അദ്വൈത ഒരു തത്വം മനസ്സിലായി പക്ഷേ അദ്വൈത തത്വത്തെ എന്റെ ബുദ്ധി ഗ്രഹിക്കുന്നുണ്ടോ അവിടേക്ക് പോകുന്നുണ്ടോ അത് വീണ്ടും ഈ നാമരൂപങ്ങളിൽ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആ ബുദ്ധിയെ അതിനെ ഗ്രഹിപ്പിക്കുന്നതിന് എന്തെല്ലാം സാധനങ്ങളാകാമോ അതെല്ലാം ചെയ്യുക അതൊന്നും അദ്വൈതത്തിന് വിരുദ്ധമുണ്ട് അതുകൊണ്ട് മന്ത്രതന്ത്രങ്ങളൊന്നും തന്നെ അദ്വൈതത്തിന് വിരുദ്ധമുണ്ട് എല്ലാം ദ്വൈതത്തിൽ സ്വീകരിക്കുന്നു ആ സാമാന്യ തത്വമാണ് ഇവിടെ ഭാഷകാരൻ പറഞ്ഞത് സഹി പുരുഷ വിദ്യ അന്തര ആന്തരതമ ബ്രഹ്മസംക്രാമ യസ്യജാഹ്യാകാര വിശേഷു അനാത്മസ്വഭാവിത ബുദ്ധി അനലംബവിശേഷം സഹസാന്ത പ്രത്യേകാമന കശക്തി ദുഷ്ടശരീരാമസാമാന്യകല്പനയാദ്രസനവന്ത നേരത്തെ പറഞ്ഞല്ലോ അന്നരസമയമാരുഷൻ അന്നരസത്തിൽ നിന്നുണ്ടാകും അതാണ് ഓരോ പുരുഷൻ ഓരോ സന്തതികളും അങ്ങനെയാണ് മനുഷ്യനും അങ്ങനെയാണ് അപ്പോ ഈ കാണുന്ന ഇവനെ തന്നെ പുരുഷനായി എടുക്കുക എന്തായാലും അന്നമയനായ ഒരു പുരുഷനുണ്ടല്ലോ ഈ പുരുഷൻ ഈ പുരുഷന് തുടങ്ങുക ഈ പുരുഷന്റെ പുരുഷ സിയ പരിസ്ഥയസ് ഇതമേവശിരഹ പ്രസിദ്ധം അപ്പൊ ഇവിടെ പുരുഷന് അന്നമയൻ പ്രാണമയൻ മനോമയൻ വിജ്ഞാനമയൻ എന്നെല്ലാം പറയുന്ന ഈ പുരുഷന്മാരെ ഒരു പക്ഷിയോട് തൂവിക്കുകയാണ് അത് പുരുഷൻ അന്നമയനായാലും പ്രാണമയനായാലും ആനന്ദമയനായാലും എല്ലാം ശ്രുതിയിൽ പല സ്ഥലങ്ങളിലും ആത്മാവിനെ പക്ഷിയോട് ഭവിക്കും പക്ഷിയുടെ രൂപമാണെന്ന് പറയാതാണ് പക്ഷിയുടെ രൂപം പോലെയുള്ള രൂപമാണ് ദ്വാസപ്പർണ അവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ പക്ഷിയുടെ രൂപമാണെന്ന് പറയാൻ എന്താ കാരണം പ്രധാനമായും ഈ ശരീരമെന്താ നാവ് ശരീരത്തിന്റെ ഉള്ളിലാണ് ആത്മാവ് പക്ഷി അതിൻ്റെ കൂട്ടിൽ ഇരിക്കുന്നതുപോലെ അതത് താമസിക്കുന്നു പക്ഷി ആ കൂടെ വിട്ടു പോകുന്നു അതുപോലെ ഈ ശരീരമാകുന്ന കൂട്ടിൽ താമസിക്കുന്നു പക്ഷിയാണ് ആത്മാവ് അത് കൂടുതൽ താമസിക്കുന്നു അതേസമയം സ്വാതന്ത്ര്യനാണ് അനാകാശത്തിൽ യാതൊരു തടസ്സം കൂടാതെ പറന്ന് സഞ്ചരിക്കാം അതുപോലെ ഈ കൂട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് സൗന്ദര്യനാണ് ആത്മാവിന് ഏത് സമയം ഈ കൂടുപേക്ഷിക്കാം വേറെ കൂട് സ്വീകരിക്കാം ഇങ്ങനെ പക്ഷിയും ഈ പുരുഷനുമായി സമാനതകൾ ധാരാളമുണ്ട് അതുകൊണ്ടാണ് അതിനെ പക്ഷിയോട് ഉപയോഗിക്കുന്നത് പക്ഷിക്കുള്ളത് എന്തൊക്കെയാണ് ശിരസ് അപ്പോൾ ഈ അന്നമയനായിരിക്കുന്ന ഈ പുരുഷൻ ഈ പുരുഷനുകൊണ്ടൊരു ശിരസ് സസ്യ പുരുഷസ് അന്നര അന്നരസമയസ്യ ഈ ശരീരം ഇതമേവ ശിര പ്രസിദ്ധം ഈ ശിരസ് പ്രസിദ്ധമാണ് അത് പക്ഷിയുടെ ശിരസ് പോലെ പ്രാണമയാ അശിരസാം ശിരസ്ത ദർശന ദിഹാവിതങ്കോ മാഭൂതിര ഇതമേവശിര എന്ന് പറയുന്നത് എന്താണോ മനോമയം പ്രാണമയം തുടങ്ങിയവയെ കുറിച്ച് പറയുമ്പോൾ അവിടെ നിന്നും ശിരസ് ഇല്ല ശിരസിനെ കൽപ്പിക്കുകയാണ് അന്നമയത്തിൽ അങ്ങനെയല്ല ഒരു ശിരസുണ്ട് ഈ കാണുന്ന ശിരസ് ഓരോ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിരസ് ാണ് ഇതമേവശില പ്രാണമയാദികൾ മനോമയം അതിൽ നിന്നെന്താണ് പ്രാണനും പറ്റി ശിരസ് എന്നാലും തന്നെ ശിരസ്വദർശന ശിരസ് എന്ന് പറയുന്നത് പോലെ ഇവിടെ അങ്ങനെ കൽപ്പിച്ചു പറയേണ്ട കാര്യമില്ല ഈ അന്നമയമായിരിക്കുന്ന അന്നമയ ഇവിടെ ശിരസുണ്ട് പക്ഷാധിഷ്ഠ യോജന ഇതുപോലെ പക്ഷം പക്ഷിക്ക് പക്ഷമുണ്ട് ചിറകുണ്ട് അതുപോലെ ഈ അന്നമ്മ പുരുഷനും ചിറകുണ്ടായും ദക്ഷിണോ ബാഹു പൂർവാഭിമുഖ്യ ദക്ഷിണപക്ഷ തെക്ക് വടക്ക് എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കും അതുകൊണ്ട് പറയുന്നു കിഴക്കോട്ട് തിരിഞ്ഞയക്കുമ്പോൾ തെക്ക് എന്റെ വലത് ഭാഗം വല്ലതു കൈ ഇരിക്കുന്ന ഭാഗം വടക്ക് ഇടത് കൈ ഇരിക്കുന്ന ഭാഗം അങ്ങനെ ഇവിടെയും മനസ്സിലാകും ദക്ഷിണോ ബാഹു പൂർവാഭിമുഖ്യ ദക്ഷിണപക്ഷ അതാണ് ദക്ഷിണപക്ഷം ചിറക് അതാണ് സവ്യോ ബാഹു ഉത്തരപക്ഷമപക്ഷം കോഴിക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ദക്ഷിണോ ബാബോ മലത്തെ കൈ തെക്കാണ് ഇടത്തെ കൈ വടക്കാണോ ഇടത്തും മലത്തും രണ്ട് കൈകൾ ഉണ്ട് പക്ഷിക്ക് ഇടത്തും വലത്തും മനുഷ്യറവുണ്ട് അതെപ്പോഴും ഇടത്തും വലത്തും എന്ന് പറയുന്നതുകൊണ്ട് തെക്കും വടക്കും എന്ന് പറയുന്നത് പഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ പറഞ്ഞു മനുഷ്യന് രണ്ടു കൈയുള്ളതുപോലെ പക്ഷികൾക്ക് രണ്ടു കൈ ഉള്ളതുപോലെ ഈ അന്നമയനായ ഈ പുരുഷൻ ഈ പുരുഷന് രണ്ടു പക്ഷികളുണ്ട് തലയുണ്ട് അയം മധ്യമോ ദേഹവിഭാഗ ആത്മാങ്കാന ഇനി അതിന്റെ ആത്മാവ് എന്താണ് ആത്മാവ് എപ്പോഴും പറയുന്നത് എന്താണോ അതിന്റെ കേന്ദ്രത്തെ ആത്മാവെന്ന് പറയുന്നു ഏതെന്നാണോ എല്ലാം വേദന ആശ്രയിച്ചിരിക്കുന്നത് അത് ആത്മാവ് ഈ ശരീരം ശരീരത്തിന്റെ മധ്യഭാഗത്തെ ആശ്രയിച്ചിരിക്കുന്നു കൈകൾ താല് ശിരസ് എല്ലാം ഇപ്പൊ ശരീരത്തെടുക്കുമ്പോൾ ശരീരത്തിന്റെ മധ്യഭാഗമാണ് അതിന്റെ ആത്മാവ് അതിന്റെ സാരമായിരിക്കുന്നത് അന്നമയനായിരിക്കുന്ന പുരുഷന്റെ ആത്മാവ് എന്താണ് ഈ ശരീര മദ്യം തന്നെ അവന്റെ ശിരസ്സാണ് ഈ കാണുന്നത് അവന്റെ ഇടത്തും മരത്തും രണ്ട് ചിലകുകൾ മദ്യം ഭേഷ അങ്കാനം ആത്മാ ഇതി ശ്രുദേഹി ഈ അംഗങ്ങളുടെ മധ്യമാണ് എന്നുവെച്ചാൽ അതിന്റെ കേന്ദ്രം അതുപോലെ യോജിക്കുന്ന സ്ഥാനമാണ് ആത്മാവ് ഇതമിതി ഇതംഗം തത് പുച്ഛം പ്രതിഷ്ഠ നാഭിക്ക് താഴുള്ള ഭാഗം അതാണ് അതിന്റെ വാല് പക്ഷിയുടെ വാല് തിഷ്ഠ അനയായി പ്രതിഷ്ഠ പക്ഷിയുടെ ഗമനത്തെ നിയന്ത്രിക്കുന്നതിന്റെ വാലാണ് വാലുണ്ടെങ്കിൽ പക്ഷിക്ക് പറക്കാൻ കഴിയത്തില്ല അതിനെ ആശ്രയിച്ചിരിക്കുന്നു അതിന്റെ ഗമനം അതുപോലെ ഈ താഴോട്ടുള്ള ഭാഗം അതാണ് ഇതിനെ നിലനിർത്തുന്നത് കാൽ കൊണ്ട് കൊണ്ടുതന്നെ നിർത്തുന്നു മാഫിക്ക് താഴെയുള്ള ഭാഗമാണ് ഉറപ്പിക്കുന്നത് ഈ ശരീരത്തെ എവിടെയെങ്കിലും നിർത്താനോ ഇരിക്കാനോ എല്ലാം ഉറപ്പിക്കുന്നു ആണ് പ്രതിഷ്ഠ അനയായി പ്രതിഷ്ഠ പുച്ഛമ പും അധോലംബന സാമാന്യ യഥാ ഗുഹു പുച്ഛം വാലിന്റെ പ്രത്യേകത എന്താണ് പറയുന്നത് പശുവിന്റെ വാൽ അത് താഴ്ഭാഗത്തേക്കാണ് താഴോട്ട് തൂങ്ങിക്കിടക്കുന്നതാണ് അധോലംബന അതുപോലെ താഴോട്ടുള്ള ഭാഗത്ത് ആയതുകൊണ്ട് ഇതിനെ വാലെന്ന് പറയുന്നു ഈ ശരീരത്തിലെ താഴോട്ടുള്ള ഭാഗം അത് പക്ഷിയുടെ വാല് പോലെയാണ് ഈ അന്നമയനെ ഒരു പക്ഷിയായി കൽപ്പിക്കുന്നു ഈ അന്നമ്മയന്റെ ശിരസ് ആ പക്ഷിയുടെ ശിരസ് തന്നെ ഈ അന്നമയന്റെ വലത്തും ഈ ഇടത്തുമുള്ള കൈകളാ പക്ഷിയുടെ രണ്ട് ചിച്ചിറകുകളാണ് ഈ അന്നമ്മയന്റെ ശരീരം മധ്യം അത് ആത്മാവാണ് ഇതിൻ്റെ താഴോട്ടുള്ള ഭാഗം അത് കുച്ഛമാണ് വാലാണ് അപ്പൊ ഇവിടെ ഒരു അന്നമയനായ പുരുഷനായി ബുദ്ധിയെ സൂക്ഷ്മമായ ആത്മാവിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ അന്നമയനെ മനസ്സിലാക്കാൻ കഴിയൂണ്ടതൊരു ശരീരത്തോടാണോ ആത്മാവ് താതാത്മ്യപ്പെട്ടിരിക്കുന്നത് ആ ശരീരം അത് അന്നമയ പുരുഷനാണ് കാരണം അവിടെ ആത്മാവുണ്ട് ആത്മ താതാത്മ്യം അതിലുണ്ട് ഇതുപോലെ ഇനി വരുന്ന ഭാഗങ്ങളും മനസ്സിലാക്കണം എന്നാണ് ഏത് പ്രകൃതിയാ ഈ രീതി അനുസരിച്ച് ഉത്തരേഷ്യാം പ്രാണമയാദീനാം രൂപകത്വസിദ്ധി പ്രാണമയാദികൾക്കും ഇതിനനുസരിച്ചൊരു രൂപം കിട്ടും എല്ലായിടത്തും ശിരസും വാലും ചിറകുകളും മധ്യഭാഗവും എല്ലാം മൂഷാസക്ത ദ്രതപ്രതിമാവം മൂഷ ഉണ്ടാക്കുന്നു അച് പാത്രം ഉണ്ടാക്കുന്നതാണത് ഉരുക്കി ഒഴിക്കുന്നതിന് ഉപയോഗിക്കുന്ന സാധനമാണ് മൂഷ അതിന്റെ ആകൃതിയിൽ പാത്രം വിഗ്രഹമെല്ലാം വരുന്നു അതാണ് മൂഷാനിഷി ദുരിത താമ്ര പ്രതിമാവ് മൂഷയിലൊഴിച്ച ദുരിത താമ്രം അതിന്റെ ഫലമായി അത് തണുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിമയെപ്പോലെ ഇതിനൊരച്ചായിട്ടെടുക്കുക ഈ അന്യമായിട്ട് ഇതിൽ നിറച്ചിരിക്കുന്ന ദുരിത താമ്രസമമാണ് പ്രാണനും മനസ്സും അപ്പം ഈ സ്ഥൂലമായ ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിലുമുണ്ട് കാരണം അച്ച് എന്തൊക്കെയുണ്ടോ അതെല്ലാം അതിൽ ഉരുക്കി ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന വിഗ്രഹത്തിനും വരും അതാണ് മൂഷ നിഷിക്ത ദൃത താമ്ര പ്രതിമാവ് അതുകൊണ്ട് ഈ അന്നമയനായ പുരുഷന് ഈ സ്ഥൂലത്തിന് ചിറകുകളും തടയും ബാലുമെല്ലാം ഉണ്ടെങ്കിൽ ഇതിനകത്തിരിക്കുന്ന പ്രാണമനോമയാദികൾക്കുമുണ്ട് താപ യശശ്ലോകോഭൂതി തസ്മേ വാർത്ത ബ്രാഹ്മണോക്ത അന്നമയാത്മപ്രകാശ യശ്ലോകമന്ത്രോഭൂതി ബ്രാഹ്മണ വാക്യത്തിൽ പറഞ്ഞു അർത്ഥത്തെ അതൻ അന്നമയാത്മ പ്രകാശ അന്നമയമയാത്മാവിനെ പ്രകാശിപ്പിക്കുന്നു അതിനുവേണ്ടിയിട്ടാണ് യേശ്ലോക ഈ മന്ത്രം ഭഗവതി അന്നമയനായ ആത്മാവിനെ ബോധിപ്പിക്കുന്നു തുടർന്നു വരുന്ന പ്രാണമയാദികളെ മനസ്സിലാക്കുന്നതിനുള്ള സൗകര്യത്തിനുവേണ്ടി याह अन्नाई प्रजा प्रजातेथिवीं श्रुता अथो अव जीवंतीन अंदीय ती भूता ज्येष्ठ तस्माषधमुच्य सर्वे अन्नम ए अन्नम ब्रह्मा उपासते अन्नम अं भूता ज्येष्ठ तस्माष्य अन्ना वर्धन तस्माद इदे, तस्माद्वा अद्य अतिताच्यस्मास्माद अंतर आत्मा तेन येष पौर्ण सवाएशपुरशविधव तस्य तस्य तर पुषिदा अन्वय तर प्राण एक शिव व्यानो दक्षिणपक्ष अक्ष मृथिवीछति तदप्येशोगो देवा പ്രാണം ദ അനുണന്തി മനുഷ്യ പശവസ്ഥയേ പ്രാണോ ഹി ഭൂതമായു തസ്മാർഷമുച്യമേവത് ആയുറിയേ പ്രാണം ബ്രഹ്മോപാസത്തെ ണോ ഹി ഭൂതമായു തസ് സർവായുഷച്യത്തെ ശാരീര ആത്മാ പൂസ തസ് എതസ്മാണമയാ അന്യോ അന്തര ആത്മാനോമയ സേനേശ പൂർണ സവായേശവിധ പുരുഷവിധത്താൻ അന്വയം വൃഷവിധ തജുരേവിരക്ഷിണപക്ഷോത്തരപക്ഷ अथर्वािशस प्रतिष्ठा तदप्येश्लोको यचो निवर्तं अप्य मनसा सह आनंदम ब्रमणो विद्वा വിഭേദി കാരീരാത്മാ പൂർവ് തസ്മാസ്മാത്മനോമയാ അന്യോ അന്തര ആത്മാവിനേ പൂർണ്ണ तर पुषिधता नयंपुरश तर श्रद्धा शिरा रत दक्षिणपक्ष सत्यरपक्ष आत्मा महुच्छ्रतिष्ठा തദപേഷ ശ്രോകോഭവ വിജ്ഞാനം യജ്ഞം തനുത്തെ കർമാണി തനുത്തെ ബ്രഹ്മജ്യേമുസത്തെ ബ്രഹ്മ ചേത്ഭേദസ്ന പ്രമാദ്യ हित्वा ശരീരം പാത്മനോഹിറ്റ സർവാൻ താമാൻ സമ ശുത ശരീര ആത്മാ പൂർവ്യസ്മാ അന്യോ അന്തര ആത്മാനന്ദമയ തന്നെ എഷ പൂർണ്ണ സവാഷ പുരുഷവിധ പുരുഷവിധതാ അന്വയം പുരുഷവിധ തയ പ്രിമേ ശിര മോദോ ദക്ഷിണപക്ഷമോദത്തരപക്ഷനന്ദ ആത്മാ ബ്രഹ്മപുദ്ധം പ്രതിഷ്ഠ തദപ്പ യശ്ലോകോതി ഇത്രയും ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും പഞ്ചകോശങ്ങളെക്കുറിച്ച് പറയുന്നത് അന്നമയ കോശത്തെക്കുറിച്ച് പറഞ്ഞു ഇനി അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറയും ഇവിടെ തത്വവും ഉണ്ട് ഉപാസനയുണ്ട് ഒന്ന് പറഞ്ഞല്ലോ എവിടെയാണോ ആത്മ താദാത്മ്യത്തെക്കുറിച്ച് പറയുന്നത് ഏകത്വത്തെക്കുറിച്ച് പറയുന്നു അവിടെ തത്വത്തെ പറയുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അവിടെ അങ്ങനെ ഗ്രഹിച്ചാൽ മതി പിന്നൊന്നും ചെയ്യാനല്ല തത്വത്തെ സംബന്ധിച്ച് ഗ്രഹണം മാത്രമേ ഉള്ളൂ മറിച്ച് ഉപാസനയെക്കുറിച്ചും പറയുന്നുള്ളൂ ണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിന്നത് ഫലം എന്ന് പറയുന്നത് തന്നെ ഉപാസനയാണ് രണ്ടു കാര്യങ്ങളും പറയുന്നു മുഖ്യമായിട്ട് തത്വപ്രതിപാദന അന്നാദ്വൈ പ്രജാഹപ്രജാൻ അന്ന രസാദ്ഭാവപരിണതായി അന്നാദ്വൈ അന്നത്തിൽ നിന്നാണല്ലോ ഈ പ്രജകളെല്ലാം ഉണ്ടാകുന്നത് പ്രസിദ്ധമായൊരു കാര്യത്തെ പറയൂ വൈ പ്രസിദ്ധി കാണിക്കും പ്രസിദ്ധി കാണിക്കുന്നു എന്നുള്ള എന്താ കാര്യം രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു ശ്രുതി വെളിപ്പെടുത്തുന്ന രഹസ്യം മുഖ്യമായ രണ്ട് കാര്യങ്ങളും ഒന്ന് പരലോകം മറ്റൊന്ന് ആത്മാവ് ഈ രണ്ട് കാര്യങ്ങളാണ് അല്ലെങ്കിൽ രണ്ടിനോടും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശ്രൃതി സാധാരണയുള്ള കാര്യങ്ങളും പറയാറുണ്ട് മറ്റുള്ളവർക്ക് അറിയാവുന്ന കാര്യങ്ങളും പറയാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് പ്രയോഗിക്കുന്നത് വൈ അന്നാദ്വൈ പ്രജാഹ അന്നത്തിൽ നിന്നാണ് ഈ സന്തതികളെല്ലാം ഉണ്ടാകുന്നത് ഇത് ആർക്കറിയാമ്യ ശാസ്ത്രരഹസ്യമൊന്നുമില്ല ഇതാണ് വായു സ്മരണാർത്ഥ നിങ്ങൾ അറിയുന്ന കാര്യത്തെ ഒന്നും ഓർമ്മിപ്പിക്കുന്നു തൽക്കാലം അത് ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അത് ഓർമ്മിക്കണം ഇത് അന്നത്തിൽ നിന്നാണോ ഈ ശരീരങ്ങളെല്ലാം ഉണ്ടാകുന്നത് പ്രജാൻ്റെ സ്ഥാവര ജംഗമ രൂപത്തിലുള്ളത് ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള സർവശരീരങ്ങളും എന്ന് പറയുമ്പോൾ മനുഷ്യൻ മാത്രമാണ് പക്ഷേ മതാദികളും മൃഷമതാദികളുമെല്ലാം എന്തെല്ലാം ഇവിടെ ഉണ്ടാകുന്നു അതെല്ലാം അന്നത്തിൽ നിന്നാണ് അവിശിഷ്ട പൃഥിവിത ഈ പൃഥിവി ആസ്വദിച്ചിരിക്കുന്ന ഇന്നതെന്ന് പറയാൻ അവിശിഷ്ട സർവവും ആക്കിയുടെ പര്യന്തം സർവവും എല്ലാം അന്നത്താൽ ഉണ്ടാകുന്നതാണ് അന്നം പ്രധാനമാണെന്നറിയാമല്ലോ അന്നം പ്രധാനമാണെന്ന് എല്ലാ അന്നം കൊണ്ട് ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ അതിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ട് അതാണ് സ്ത്രീകൾ ഇപ്പോഴെത്തണം അധികമായിട്ട് അനുവദി പറയുന്നു സർവവും ആ അന്നത്തെ ആശ്രയിച്ചിട്ടാണ് സർവമെന്ന് പറയുമ്പോൾ എന്താണ് ഈ പൃഥ്വിയെ ആശ്രയിച്ചിരിക്കുന്ന സർവവും സർവാ അന്നേവ്രജ അതുകൊണ്ട് അന്നു ജനിക്കുന്നു അന്നത്തെ പ്രാധാന്യത്തെ പൃഥി ശ്രദ്ധ അധോ അന്നേനൈ ജീവിക്കാതെ പ്രാണൻ ധാരയന് അന്നനത്തെ ആശ്രയിച്ച് ഈ പ്രാണനെ നിലനിർത്തുന്നു അന്നത്തെ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നു കാരണം പ്രാണൻ നിലനിർക്കണമെങ്കിൽ അന്നം വേണം അന്നമില്ലെങ്കിൽ പ്രാണൻ ക്ഷീണിക്കും പ്രാണൻ ക്ഷീണിച്ചാൽ പിന്നീട് അവിടെ ഒരു അദ്വൈതുമില്ല ഒരു വേദാന്തവും ഇല്ല വേദാന്തവും അന്നത്തെ ആശ്രയിച്ചാ നിൽക്കുന്നു പറയുന്നു അന്നത്തെ ആശ്രയിച്ച് സ്രവും നിലനിൽക്കുന്ന എല്ലാം അന്നത്തെ ആശ്രയിക്കാതെ ഒന്നിനും സാധ്യമല്ല അഥാ പിന്ന അന്നമൊപ്പി യന്തി അഭികച്ചന്തി ഇനി അന്നത്തെ ആശ്രയിക്കാതെ നിൽക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെ വന്നാൽ ഇതെല്ലാം അവിടെ പോകും വീണ്ടും അന്നത്തിലേക്ക് തന്നെ പോകും പൃഥി രൂപത്തിലുള്ള അന്നമായി തീരുന്നു അവിടെ നിന്നും പലതരത്തിലുള്ള അന്നമായി മാറുന്നു പ്രസവവും അന്നമയം ഉത്പത്തി മുതൽ നാശം വരെ വീണ്ടും ഉത്പത്തി അന്നി അന്നം അഭിയാന്തി എന്നുള്ളതാണ് അഭിയന്തി അഭിഗച്ഛന്തി അഭിശബ്ദ പ്രതിശബ്ദാർത്ഥം അന്നം പ്രതിപ്രലീയന്തി അന്നത്തിലേക്ക് ലയിക്കുന്നു അന്നത്തിൽ നിന്നുണ്ടായതെല്ലാം അന്നത്തിൽ ലയിക്കുന്നു അന്നത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നതെല്ലാം അന്നത്തിനോട് വിലയം പ്രാപിക്കുന്നു അന്തത്വ അന്തേ ജീവനരക്ഷണായ ബുദ്ധിയെ പരിസമാ ജീവനം അതിനടയാളമായിരിക്കുന്നതെന്നാണ് ബുദ്ധി ആ ബുദ്ധിയുടെ പരിസമാപ്തി സർവവും അന്നത്തെ പ്രാപിക്കുന്ന ശരീരം ഉൾപ്പെടെയുള്ള സർവം ആണ് അണ്ടയെന്ന് പറയുന്നത് ജീവനരക്ഷണയായിട്ടൂടെ പറഞ്ഞിരിക്കുന്ന ബുദ്ധിയാണ് ശരീരത്തിലുള്ള ബുദ്ധി അതാണ് ജീവന്റെ അടയാളം ജീവനുണ്ട് ജീവൻ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം ഈ ശരീരത്തിൽ ഉള്ള ബുദ്ധിയാണ് സാധാരണ പ്രാണനാണെന്ന് പറയും പ്രാണനായവിടെ പറഞ്ഞു ബുദ്ധിയാണ് പ്രാണൻ ഈ ശരീരത്തിൽ വരുന്നതും പോകുന്നതും ഒക്കെ ബുദ്ധിയുടെ സഹായത്തോടെയാണ് ബുദ്ധിക്ക് തീരുമാനമെടുക്കാൻ പറ്റൂ പ്രാണനും ബുദ്ധി പറയുന്നത് അനുസരിക്കാനേ പറ്റൂ നയിക്കുന്നത് ബുദ്ധിയാണ് പണ്ട് പറഞ്ഞു ജീവനരക്ഷണ ആ ജീവനത്തിന് ജീവസാന്നിധ്യത്തിന് ശരീരത്തിലുള്ള അടയാളം ായിരിക്കുന്നാണ് ബുദ്ധി ആ ബുദ്ധിയുടെ പരിസമാപ്തിയിൽ ബുദ്ധിയില്ലാതെ പ്രാണം നിൽക്കുമ്പോഴും ജീവനില്ല എന്നെയും ശരീരത്തിൽ പ്രാണനേൻ്റെ അടയാളമായി പറയേണ്ട ബുദ്ധിയല്ലോ ബോധം നശിച്ചു കിടക്കുമ്പോൾ ശരീരത്തിൽ പ്രാണനുണ്ട് അപ്പം ജീവന്റെ അടയാളം എന്താണ് പ്രാണനായിട്ടും കാരണം ബോധമില്ല പക്ഷെ എന്നാലും ഇവിടെ പറഞ്ഞിരിക്കുന്നു ബുദ്ധിയെ അപ്പൊ ബുദ്ധിക്ക് തന്നെയാണ് പ്രാധാന്യം പ്രാണനല്ല എന്നാൽ ബോധം നശിച്ചു കിടക്കുമ്പോൾ ഈ പ്രാണനെ ശരീരത്തെ നിലനിർത്തുന്ന എന്താണ് ബുദ്ധി ബോധം നശിച്ചല്ലോ ഇതിന്റെ ബുദ്ധി എവിടെ നീക്കും ബാഹ്യബുദ്ധി സ്ഥൂല ബുദ്ധി അതെ നശിച്ചു ബാഹ്യബുദ്ധി നശിച്ചാലും ആന്തരിക ബുദ്ധിയുണ്ട് ഏതൊരു ബുദ്ധി ആശ്രയിച്ചിട്ടാണോ ഈ ജീവൻ ജാഗ്രത സ്വപ്ന സുഷൃതികളിൽ മാറി മാറി സഞ്ചരിക്കുന്ന ആ ബുദ്ധി അതുണ്ട് അതുള്ളതുകൊണ്ടാണ് ബോധം നഷ്ടപ്പെട്ടിട്ടും വീണ്ടും തിരിച്ചു ബുദ്ധിയാശ്രയിച്ചിട്ടാണ് ബോധം നഷ്ടപ്പെട്ട് പ്രാണന്മാര മാത്രം നിൽക്കുകയാണെങ്കിൽ തിരിച്ചു വരാൻ ആ ജീവന് തിരിച്ചു വരവില്ല ഇതങ്ങനെയല്ല അവിടെ ബോധമുണ്ട് ബോധം പൂർണ്ണമായും നഷ്ടപ്പെടുന്നുണ്ട് ഏതൊരു ബോധത്തെ ആശ്രയിച്ചിട്ടാണോ സുഷുത്തിൽ നിന്നിന്റെ ആഗ്രഹത്തിലേക്ക് വന്നു ആ ബോധമുണ്ട് സർവത്ര അതീ ശാരീരത്തെ ആശ്രയിച്ച് പ്രകാശിക്കുമ്പോൾ ശരീരത്തിൽ ജീവനുണ്ട് അല്ലെങ്കിലില്ല ആണീവനരക്ഷണ ബുദ്ധേ കന്നീവന അപിയതസ്മാകൊണ്ട് അന്നം ഹി അസ്മദ്ഭൂതം പ്രാണിം ജ്യേഷം പ്രഥമ ചരയുന്നു ഈ പ്രാണികളെ അപേക്ഷിച്ച് മുമ്പേ ഉണ്ടായത് അന്നമാണ് പ്രാണിയെ സൃഷ്ടിച്ചിട്ട് അന്നം സൃഷ്ടിച്ചു അതെ അന്നത്തെ സൃഷ്ടിച്ചിട്ട് പ്രാണിയെ സൃഷ്ടിച്ചു പറയുന്നു അന്നത്തെ സൃഷ്ടിച്ചിട്ടാണ് പ്രാണിയെ സൃഷ്ടിച്ചത് അല്ല പ്രാണിയെ സൃഷ്ടിച്ചിട്ട് അന്നത്തെ സൃഷ്ടിക്കുകയല്ല ഇത് ആ ജീവന് അന്നത്തെ അധിക്കണമെങ്കിൽ ആദ്യം അന്നം വേണം പിന്നെ സൃഷ്ടിച്ചതിന് എന്നെ കാത്തിരിക്കാൻ അതുകൊണ്ട് ആദ്യം സൃഷ്ടിയിൽ അന്നത്തെ സൃഷ്ടിച്ചതാണ് പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു മഹാഭൂതങ്ങളെ സൃഷ്ടിച്ചു പിന്നെ സ്ഥൂലഭൂതങ്ങളായി അതിൽ നിന്ന് ശരീരമുണ്ടായി മരണമുണ്ടായി ആ ശരീരത്തിൽ വസിക്കുന്നതിന് ജീവനെയും സൃഷ്ടിച്ചു അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അന്നത്തെയാണ് അന്നത്തെ സൃഷ്ടിച്ചതിനു ശേഷം പിന്നെ ബാക്കിയെല്ലാം സൃഷ്ടിച്ചു അന്നംഭൂതാനം പ്രാണിനും പ്രധം മജ്ജം ജ്യേഷ്ഠം ആദ്യം ഉണ്ടായത് അന്നമാണ് മറിച്ചല്ല അന്നമയാദീനം ഹി ഇതരേഷം ഭൂതാനം കാരണം അന്നം അത് അന്നപ്രഭവ അന്നജീവന അന്നപ്രണയ സർവ പ്രജാ അന്നമയാദീനം ഹി ഇതേഷാം ഭൂതാനം കാരണം അന്നം അന്നമയമായിരിക്കുന്ന സർവത്തിനും കാരണമായിരിക്കുന്ന അന്നമാണ് അതുകൊണ്ട് അന്നപ്രഭവ അന്നത്തിൽ നിന്നുണ്ടായത് അന്നജീവന അന്നം കൊണ്ട് വർദ്ധിക്കുന്നു അന്നപ്രളയ അന്നം കൊണ്ട് അന്നത്തിൽ നശിക്കുന്നത് ഇതാണ് സർവപ്രജാ സർവപ്രജകളും യസ്മാ ചെയ്യും തസ്മാത് സർവൌഷധം സർവപ്രാണിനാം ദേഹദാഹപ്രശമനം അന്ന ഉച്ചതേ അതുകൊണ്ട് അന്നത്തെ സർവൌഷധം എന്ന് ഔഷധം എന്താണ് രോഗശമനത്തിനുള്ളതാണ് അതുപോലെ ഇവിടെ ദേഹദാഹപ്രശമനം ദേഹദാഹത്തെ ഡഡ് അന്നം ഔഷധം എന്ന് പറയുന്നു ദക്ഷാഖിനെ അത് നശിപ്പിക്കുന്നു ശമിപ്പിക്കുന്നു ദാഹത്തെ അത് ശമിപ്പിക്കുന്നു ദഹനത്തെ അത് ശമിപ്പിക്കുന്നു അതുകൊണ്ട് അന്നത്തിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ടിവിടെ ഈ പറയുന്ന ഭാഗം അന്നത്തിന്റെ ഉപാസന എന്ന് പറയാം അന്നാദ്മി പ്രജാ പ്രജാ എന്റെ അന്നത്തെ അധ്യാനിക്കുന്നു അന്നം ഇങ്ങനെയാണ് അന്നത്തിന്റെ സവിശേഷത അന്നത്തിന്റെ ഗുണമിന്നതാണ് അതിന്റെ ഫലം ഇന്നതാണ് ഇങ്ങനെ അന്നബ്രഹ്മവിതക ഫലപുച്ചിത് അങ്ങനെ ഉപാസിക്കുന്നു അന്നബ്രഹ്മവിദ് അന്നബ്രഹ്മത്തെ ഉപാസിക്കുന്നവൻ അവിടെ മനസ്സിലാക്കണം ഇതിനെ കേവലൊരു പാർച്ചനായിട്ടാണ് എടുക്കണമെങ്കിൽ ഫലമുണ്ട് ഇതിനെ കേവലൊരു തത്വജ്ഞാനമായിട്ടാണ് എടുക്കണമെങ്കിൽ ഫലമില്ല അപ്പോൾ നമ്മളതിനെങ്ങനെ സ്വീകരിക്കുന്നു എന്ന് ഇരിക്കും ഒരു ഭാഗത്തെ ചില ഭാഗങ്ങളെ കേവലം തത്വകഥനമായിട്ടെടുക്കണം എന്നുള്ളവിടെ അനുഷ്ഠാനമില്ല അതവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം പഠിപ്പിക്കുകയാണ് ഒരു ക്രിയെ നിർദ്ദേശിക്കേണ്ട ചെയ്യേണ്ട ഒരു കാര്യത്തിൽ നിർദ്ദേശിക്കുന്നു വന്നു കഴിഞ്ഞാൽ അത് ഉപാസനയാവും അനുഷ്ഠിക്കേണ്ടി വരും അപ്പൊ തത്വത്തെ രൂപാന്തരപ്പെടുത്തി അതിനനുഷ്ഠാനത്തിന്റെ രൂപത്തിലാക്കി അനുഷ്ഠിക്കുമ്പോൾ അത് എന്നാസനയായി മാറുന്നു അതിനെ കേവലം തത്വരൂപത്തിൽ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഞാനുമാണ് അതുകൊണ്ട് ഇവിടെ ജീവ പരമാത്മ ഏകത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അടുത്തിവിടെ അന്നത്തെ കുറിച്ച് ഇത്തരത്തിൽ പറയുന്നു ഇപ്പൊ തത്വത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഉപാസനയെക്കുറിച്ച് പറയുന്നു തത്വത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ അറിയേണ്ടത് അതാണല്ലോ പരമാർത്ഥം പിന്നെ ആവശ്യം എന്താണോ ഇന്ന് തത്വത്തെ ഉപദേശിച്ചാൽ അതിന് തത്വമായി ഗ്രഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ഉപാസികൾ ആവശ്യമുണ്ട് അതുകൊണ്ട് തത്വകഥനത്തിന് ശേഷവും ഉപാസനെ കുറിച്ച് പറയും അല്ലെങ്കിൽ തത്വകഥനത്തോടുകൂടി എല്ലാം അവസാനിപ്പിക്കും അതിന് സാധാരണ അനുഭവത്തിൽ കാണുന്നത് വേദാന്തം പരമാർത്ഥം അദ്വൈതം ജീവാത്മ പരമാത്മേകത്വം ഇതെല്ലാം കേട്ടു കഴിഞ്ഞതിന് ശേഷവും മനുഷ്യൻ താഴേക്ക് വരും വീണ്ടും അവന് കർമ്മവും യോഗവും ഭക്തിയും എല്ലാം അനുഷ്ഠിക്കേണ്ടി വരും ഉപാസനകളെല്ലാം കടന്നു പോകേണ്ടി വരുന്നു എന്തുകൊണ്ട് തത്വത്തെ അഗ്രഹിക്കുന്നവന് അവന് പ്രാപ്തിയില്ല ശേഷിയില്ല ആ ശേഷിക്കുറവിനംഗീകരിച്ചേ പറ്റും സാധനം ഈ പറയുന്നത് തനിക്ക് പറ്റിയതാണ് ഈ പറയുന്നതിനെ ഉൾപ്പെടുന്നതിനുള്ള ശേഷി എനിക്കുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടില്ല അതന്വേഷിക്കുമ്പോൾ തന്റെ യോഗ്യതയുടെ ആവശ്യത്തെ കുറിച്ച് ബോധ്യം വരും യോഗ്യതയ്ക്ക് വേണ്ടി മറ്റ് അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുകയും തത്വജ്ഞാനത്തിന് ശേഷവും തത്വബോധനത്തിന് ശേഷവും ഒരു തത്വനിഷ്ഠ വന്നില്ലെങ്കിൽ മറ്റ് സാധനങ്ങളിൽ ഏർപ്പെടാം എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നബ്രഹ്മവിദ് ഫലം വച്ചിട്ട് അന്നബ്രഹ്മവിദ് ഫലത്തെക്കുറിച്ച് പറയുന്നു സർവം സമസ്തം അന്നജാതം മാപ്പനുമന്തി എന്താണ് ഫലം സർവ അന്നത്തെയും പ്രാപിക്കുന്നു എന്താ ഒരുവന് സർവന്നത്തിൻ്റെ ആവശ്യം ഗുരുവനാവശ്യമുള്ള അന്നം മതി കൂടുതൽ അന്നം പ്രാപിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഭക്ഷിക്കും കളയും ഉപാസന ചെയ്ത് സർവ്വ അന്നവും അവനെ പ്രാപിക്കുന്ന ഒന്നാണ് ഈ പ്രാപിക്കുന്ന അന്നത്തെ എന്തു പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആവശ്യം തോന്നുന്നു ഒരുപാട് അന്നം വന്നുകഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും എന്തായാലും താല്പര്യം സർവം വയ്യത്തെ സമസ്തം അന്നജാതം ആപ്പിനെ അതാണ് അന്റെ ഫലം അന്ന ബ്രഹ്മവിത്തിന്റെ ഫലം അവൻ സർവ്വ അന്നത്തെയും പ്രാപിക്കുന്നു അന്നം ബ്രഹ്മ യഥോക്ത ഉപാസ്യത്തെ ഏതൊരുവനാണോ അന്നം ബ്രഹ്മത്തെ ഉപാസിക്കുന്നു ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെ കഥം എങ്ങനെ ഉപാസിക്കുന്നു അന്നജ അന്നാത്മ അന്നയോഹം തസ്മാ അന്നം ബ്രഹ്മ അന്നം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ പോരാ അത് എങ്ങനെയാണ് പറയേണ്ടത് അന്നജ ഞാൻ അന്നത്തിൽ നിന്ന് ജനിച്ചവനാണ് അന്നാത്മാ ഞാൻ അന്നം കൊണ്ട് നിലനിൽക്കുന്നവനാണ് വളരുന്നവനാണ് അന്നപ്രളയോ ഞാൻ അന്നത്തിൽ വിനയിക്കുന്നവനാണ് തസ്മാത് അന്നം ബ്രഹ്മേതുകൊണ്ട് ഞാൻ അന്നമാണ് അന്നമാകുന്ന ബ്രഹ്മമാണ് എന്ന് ഉപാസിക്കുന്നു അപ്പൊ അന്നം പറഞ്ഞുള്ള സെറവും അന്നമാണ് പൃഥ്വിയെ ആശ്രയിച്ചിരിക്കുന്നു അവിടെ അവനീ ശ ശരീര പരിച്ഛനമായ ശരീരത്തെ വിട്ടു ചിന്തിക്കാൻ കഴിയുന്നു അതനീ കേവല ശരീരമാകുന്ന അന്നമല്ല സർവവും അന്നമാണെങ്കിൽ തൻ സർവ അന്നാത്മകനാണ് അവിടെ അവന്റെ ആ ചിന്തയെ ഊർധ്വകരമാക്കുകയാണ് ആ ജീവനെ ഉയർത്തുകയാണ് ചെയ്തു സർവ്വത്തെയും അന്നമായി കാണുമ്പോൾ അന്നജ അന്നാത്മാ അന്നളയോഹം ഞാൻ അന്നജനാണ് അന്നാത്മാവാണ് അന്നപ്രളയനാണ് തസ്മാദ് അന്നം ബ്രഹ്മ കുത്തപ്പുന സർവ അന്നപ്രാപ്തി ഫലം അന്നാത്മാ ഉപാസനം ഇതി ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു സർവ അന്നപ്രാപ്തിയാണ് ഫലമെന്ന് അന്നാത്മാ ഉപാസനം അന്നത്തെ ആത്മാവായി ഉപാസിച്ചു കഴിഞ്ഞാൽ ഇതാർക്ക് വേണം എന്നുള്ളതാണ് സർവന്നവും തനിക്ക് ഫലമായി വന്നു കഴിഞ്ഞാൽ തനന്തിയും അന്നം കൊണ്ട് അന്നം എന്ന് പക്ഷെ അത് മിതമായല്ലേ കഴിയും സർവ്വാന്നം വന്നു കഴിഞ്ഞാൽ എന്തി അന്നം പറയാം അന്നമാണ്ങ്ങളിൽ ജ്യേഷ്ഠമായിരിക്കുന്നത് ഭൂദേ പൂർവം നിഷ്പന്നത്വ ജ്യേഷ്ഠം പ്രാണികളൊക്കെ എല്ലാവരെയും ആദ്യമുണ്ടായത് അന്നമാണ് സർവൌഷം അതുകൊണ്ട് അന്നത്തെ സർവോഷധം എന്ന് പറയുന്നു തസ്മാത്വം എന്നാ സർവന്ന ആത്മാ ഉപാസക സർവന്നപ്രാപ്തി അതുകൊണ്ട് സർവന്ന ആത്മാവിന് ഉപാസിക്കുന്നവന് സർവന്നപ്രാപ്തി ഉണ്ടാകുമെന്ന് പറയുന്നതിന് യുക്തിയുണ്ട് അവൻ എങ്ങനെയാണോ അതിനെ ഭാവന ചെയ്യുന്നത് അത് അതിനനുസരിച്ചുള്ള ഫലമുണ്ടാകുന്നു ഭാവനയിൽ നിന്നും ഫലമുണ്ടായില്ലെങ്കിൽ ഭാവനയ്ക്ക് ശക്തി തന്നെ ഭാവനയിൽ നിന്ന് ഫലമുണ്ടാകുമെന്ന് പറയുന്ന നിയമത്തിന് ഭംഗമൊന്നുമില്ല ഭാവന ദൃഢമാണ് വണ്ണമയ ഉപാസകന് ദൃഢത വന്നുകഴിഞ്ഞാൽ എന്തോരുന്നു സർവന്നപ്രാപ്തി സർവന്ന ഉപാസന സർവാന്പ്രാപ്തി സർവധികം അന്നമായി അല്ലെങ്കിൽ അന്നമയമായിരിക്കുന്ന തന്നെ അവൻ സർവത്ര കാണുന്നു അന്നത്തെ നിഷേധിച്ചിട്ട് അവന് കാണാൻ കഴിയുന്നില്ല അന്നാദ്ഭുതാൻ ജായന്തി അന്നത്തിൽ നിന്നാണ് സർവഭൂതങ്ങൾ ഉണ്ടാകുന്നത് ഉപാസകന്റെ അനുഭവമാണ് ജാക്കാനി അന്നേന വർദ്ധത ഉണ്ടായതെല്ലാം അന്നം കൊണ്ട് വർദ്ധിക്കുന്നു ഇത്തിവസ് മഹാരാഷ്ട്രത്തിൽ നിന്ന് കഴിഞ്ഞു ഇവിടെ രണ്ടുപേണേതാവർത്തിച്ചിട്ടുണ്ട് മന്ത്രത്തിൽ ആദ്യം ഒന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞു അന്നമയത്വത്തെ അന്നമയത്വം എന്ന് പറയുന്ന വിഷയത്തെ ഉപസംഹരിക്കുന്നതിന് വേണ്ടി അങ്ങനെ പറഞ്ഞതാണ് ഇതാനിയും അന്ന നിർവചനം ഉച്ചത് അന്നത്തിനും നിർവചിക്കുകയാണ് ആദ്യതെ ഭുജ്യത ഭൂതേഹി അദ്ദേഹം അധികപ്പെടുന്നത് എന്താണോ ഭൂതങ്ങൾ ഭക്ഷിക്കുന്നത് പിന്നെന്താണോ യദ്ഭൂതേഹി അന്നം അത്താവായിരിക്കുന്നതും അന്നം തന്നെ ഭൂതാൻ സ്വയം ഭൂതങ്ങൾ എല്ലാം സ്വയം അത്താവായിരുന്നു മറിച്ച് അന്നത്തെ ഭക്ഷിച്ചുകൊണ്ട് ഒന്ന് മറ്റൊന്നിനെ ഭക്ഷിക്കുന്നു സർവസന്തതികളും അന്നം തതിച്ചിരി അദ്ദേഹിതേ തേവ യദ്ഭൂതയിൽ അന്നമിതി ഭൂതാരി സ്വയം തസ്മാ ഭൂതയിൽ ബുദ്ധ്യമാനത്വാ ഭൂതകുല ഭൂതഭോക്തൃത്വ അന്നം തതിച്ചിരി എന്നാൽ മുഖ്യമായിട്ട് എന്താണോ സ്വയം ഭൂതാന്സി തസ്മാ ഭൂതേർഭുജ്യമാണ് മുഖ്യമായിട്ടും അന്നും ഭുജിക്കപ്പെടുന്നവണ് പ്രധാനമായി എന്നാൽ ഭൂതഭോക്തൃത്വം അവൻ തന്നെയാണ് ഭുജിക്കുന്നവനും രണ്ടായിരിക്കുന്നു അവൻ തന്നെ എന്തുകൊണ്ട് ആകാശവാദി ഭൂതങ്ങളിലൂടെ ഭൂതപരിണാമത്തിലൂടെയാണ് ഇതുണ്ടായത് അതുകൊണ്ട് സർവവുമായി ഇവൻ ഇരുന്നേ ഭതായിരിക്കുന്നതും ബോധ്യമായിരിക്കുന്നതും എല്ലാം അന്നെ അന്നോച്ചത് ഇതി ശബ്ദ പ്രഥമ പോശ് സമാപ്തിയ സർവത്ര വേദത്തിൽ ഇത് വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ളൊരു സമാപ്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രഥമ കോശ പേ സമാപ്തി വന്നിരിക്കുകയാണ് അന്നമ്മയ കോശത്തെ അവസാനിപ്പിച്ചിരിക്കുകയാണ് അത് തന്നെ അത്താവും അന്നവുമായിരിക്കുന്നു അതിൻ്റെ സർവാത്മഭാവത്തിലിരിക്കുന്നു ഉപാസകൻ ആ സർവാത്മഭാവം വരുന്നു ആ സർവാത്മഭാവത്തിൽ ഉപാസകന് സർവന്നപ്രാപ്തി വരുന്നു ആ സർവന്നപ്രാപ്തി എന്ന് പറയുന്നത് താൽപര്യം സർവ അന്നങ്ങളെയും കയ്യിൽ വന്നുചേരുന്നു സർവ്വ അന്നങ്ങളെയും ഉപാസനം ഭക്ഷിക്കുന്നുള്ള അല്ല ഉപാസന്റെ സർവാത്മഭാവം തന്നെ അന്നം ഒരു ശരീരത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതല്ല ശരീരം പോലെ തന്നെ അന്നവും എന്താണ് സർവ ജീവന്മാരിലും വ്യാപിച്ചിരിക്കുന്ന സർവ്വ അന്നഭാവം സർവാത്മഭാവം തന്നെ ഉപാസനയുടെ ഫലം തത്വജ്ഞാനത്തിന്റെ ഫലമോ അന്നമായ ഈ ജഗത്തിനോട് ആത്മതാദാത്മ്യം അതാണ് അതിൻ്റെ ഫലം അതാണ് ഈ പ്രഥമകോശ നിരൂപണത്തിന്റെ ഫലം സാധാരണ നമ്മൾ പറയുന്നെന്താണ് ഈ അന്നമയ കോശം എങ്ങനെയൊന്നുണ്ട് അത് ശരീരമാണോ ഇതിൽ നിന്ന് വേറിരുചിക്കുന്ന ഒരാത്മാവിനെ മനസ്സിലാക്കുക സാർ നമ്മളങ്ങനെ മനസ്സിലാക്കും അന്നമയ കോശത്ത് നിന്ന് വേറിട്ടിരിക്കുന്നു അതിനന്നമയ കോശത്തെ നിഷേധിക്കും അതുപോലെ പ്രാണമയ മനോമയ വിജ്ഞാനന്ദമയ കോശങ്ങളെ നിഷേധിച്ചിട്ട് അതിന്റെ പിന്നിലിരിക്കുന്ന ആത്മാവിനെ ഗ്രഹിക്കും അതൊരു രീതിയാണ് ഇവിടെ അങ്ങനെയാണോ പറയുന്നത് അത് തെറ്റല്ല ഇവിടെ പറയുന്നത് എന്താണോ അനന്യതയാണ് സർവാത്മഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് പുരുഷൻ അന്നമയനായിരിക്കുന്നു മാത്രമല്ല പുരുഷൻ സർവ അന്നമയനായിരിക്കുന്നു സർവ താതാമ്യം പുരുഷന് സംഭവിച്ചിരിക്കുന്നു സർവതാതാത്മ്യത്തിലിരിക്കുന്ന ആ പുരുഷനിൽ നിന്നും മേറിട്ടല്ല അല്ല ആ തരത്തിലുള്ള ഇവിടെ ബോധിപ്പിക്കുന്നത് അതത് കേവലം നിഷേധിക്കുന്നതിന് വേണ്ടിയല്ല മറ്റു സ്ഥലത്ത് പറയുന്നത് നിഷേധേന എന്ന് പറയുന്നത് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അവസാനം പറയും എന്താണ് ഇതിനെല്ലാം ഉപരിയായി ഇതിനെല്ലാം അപ്പുറം അധിഷ്ഠാനമായിരിക്കുന്ന ആത്മാവിനെ ബോധിപ്പിക്കുന്നു എന്ന് പറയും അതിനുവേണ്ടി അന്നത്തെ നിഷേധിക്കേണ്ട കാര്യമില്ല അന്നത്താതാത്മ്യത്തെ ബോധിപ്പിച്ചാൽ മതി ഫലത്തിൽ അത് നിഷേധമായി വരാം പക്ഷെ അത് ബോധിപ്പിക്കുന്നത് നിഷേധ സ്വരത്തിലല്ല താതാത്മ്യത്തിന്റെ ഭാഷയിലാണ് അതാണ് വ്യത്യാസം മറ്റ് സ്ഥലങ്ങളിലുള്ള പഞ്ചകോശ വിവരണം ഇവിടെ നിന്നും വ്യത്യാസം പ്രഥമകോശ പരിസമാർ പ്രയോഗിച്ചിരിക്കുന്നു ഇനി പറയുന്നു അന്നമയ ആനന്ദ്യ ആത്മഭ്യോ ആഭ്യന്തരം ബ്രഹ്മ ബ്രഹ്മം എന്ന് പറയുമ്പോ അതിന്റെ ശുദ്ധരൂപത്തിൽ അന്നം പ്രാണം മനസ്സ് ആനന്ദം ഇതിനെയെല്ലാം വിട്ടിട്ട് അന്നമയാതിഥ്യ ആനന്ദമയാതിഥി അന്നമയത്തിൽ തുടങ്ങി ആനന്ദമയം വരെയുള്ള ഈ ആത്മാക്കൾ അന്നമയ ആയ ആത്മാവ് പ്രാണമയനായ ആത്മാവ് അങ്ങനെ പറയും ഈ ആത്മാക്കളിൽ നിന്നെല്ലാം ആഭ്യന്തരതമമാണ് എന്നുവെച്ചാൽ ഏറ്റവും ആന്തരികവും സൂക്ഷ്മവുമാണ് ബ്രഹ്മ അങ്ങനെയുള്ള ബ്രഹ്മത്തെ വിദ്യ പ്രത്യേകാത്മത്യനുദരശേഷി കാരണം ബ്രഹ്മം സർവവ്യാപകമാണ് അതിനെ ഗ്രഹിക്കേണ്ടത് ജ്ഞാനം കൊണ്ട് ഈ ശരീരത്തിലിരുന്നു കൊണ്ട് ശരീരത്തിന്റെ സഹായത്തോടു കൂടി ശരീരത്തിൽ ഇരുന്നു ശരീരത്തിന്റെ സഹായത്തോടു കൂടി എങ്ങനെ ഗ്രഹിക്കും ഈ ശരീരത്തിന്റെ പ്രത്യേകാത്മത്വനെ പ്രത്യേകാത്മമായി ആന്തരികസ്വരൂപമായി അധിഷ്ഠാനമായി വിദർശയിഷു അങ്ങനെ കാണിക്കുന്നു അങ്ങനെയാൽ മാത്രമേ ഇതിന് പ്രത്യേകായി ഗ്രഹിക്കാൻ പറ്റൂ ബ്രഹ്മമുണ്ട് വലുതാണ് വ്യാപകമാണ് സർവ സൃഷ്ടികർത്താവാണ് എന്നും ധരിച്ചിട്ട് കാര്യമില്ല സർവജ്ഞനാണെന്നോ ഒന്നും ധരിച്ചിട്ട് കാര്യമില്ല സർവശക്തനാണെന്ന് ധരിച്ചിട്ടും പ്രയോജനമില്ല പിന്നെ ഇതെങ്ങനെ ധരിക്കണം വിദ്യ കൊണ്ട് യഥാർത്ഥ ജ്ഞാനം കൊണ്ട് ധരിക്കണം അതെങ്ങനെ പ്രത്യേകാത്മജ്ഞന സ്വസ്വരൂവുമായി ഗ്രഹിക്കണം അത് അങ്ങനെ ബോധിപ്പിക്കാൻ താൽപ്പര്യമുള്ള ശാസ്ത്രം അങ്ങനെയുള്ള ശാസ്ത്രം ശാസ്ത്രം അത് ആഗ്രഹിക്കേണ്ട ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശ്രുതി ശ്രുതി അതാഗ്രഹിക്കേണ്ട അവിദ്യാകൃത പഞ്ചകോശ അപനയനേന അനേക തുഷ കോദ്വഷീകരണേന ഇവ തത് അന്തർഗത തണ്ടുലാൻ തണ്ടുലാൻ അനേക തുഷപ്പോദ്രവ വിഷീകരണേ ഒരു ധാന്യമുണ്ട് അതിന്റെ പ്രത്യേകത എന്താണ് അതിന് ഉമി അതിൻ്റെ ആ ധാന്യത്തിൻ്റെ പൊതിഞ്ഞിരിക്കുന്ന അത് പലതാണ് അതിന്റെ കോശങ്ങൾ പലതാണ് ഒന്നല്ല അതിനു ഗോദ്രവ എന്ന് പറയുന്നു ഒരു ചെറിയ ധാന്യം അതിന്റെ പുറത്ത് പല അടുക്കായിരിക്കും അതിന്റെ ഭൂമി അത് ഓരോന്നായിട്ട് നീക്കി അതിൻ്റെ അകത്തിരിക്കുന്ന അരിയെ പുറത്തെടുക്കുന്നത് സാധാരണ പറഞ്ഞു വിവരുന്ന പഞ്ചകോശ വിവരണം ഇങ്ങനെയാണ് അവിദ്യാകൃത പഞ്ചകോശ അപനയുന്ന അവിദ്യാകൃതമായി പഞ്ചകോശങ്ങളെ വിശകലനം ചെയ്തു അപനയനം ചെയ്യുക എന്ന് വെച്ചാൽ മാറ്റുക മാറ്റുക എന്ന് ഇവിടെ കോശങ്ങൾ എടുത്തു മാറ്റാനും പറയുന്നു എടുത്തു മാറ്റാൻ ഒരാളില്ല എടുത്തു വയ്ക്കാൻ സ്ഥലവും ഇല്ല അപ്പോ അപനയനം ചെയ്യുക വിശകലനം ചെയ്ത് അനേക തുഷോദ്രവ വിദുഷീകരണേനൈവ അനേക ഭൂമികൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ധാന്യത്തിന്റെ ബീജത്തെ വിതുഷീകരണം പോലെ ഭൂമിയെ നീക്കുന്നതുപോലെ നോക്കി പുറത്തെടുക്കുന്നതുപോലെ തന്ത്ര തണ്ടുലാൻ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അരിയെ പുറത്തെടുക്കുന്നതുപോലെ പ്രത്യാത്മത്തനർശയിഷു ശാസ്ത്രം പ്രസ്തൗതി തസ്ണ്ട് ശാസ്ത്രം വീണ്ടും തുടരുകയാണ് അന്നരസമയാതിരിക്തോ അന്തരോ ആഭ്യന്തര ആത്മാവതൈവമ പരികൽപ്പ ആത്മത്വന പ്രാണമയഹ പ്രാണവായു തന്മയഹ തത്പ്രായമയഹ ഇന്റെ ഉള്ളിൽ ഇനിയിരിക്കുന്ന അവിടേക്കിടക്കയാണ് തസ്മേതസ്മാന്യസമയ അന്നരസമയമായ പിണ്ടാതഅഅന്യഹ വ്യതിരിക്തനായ അന്തര ഉള്ളിൽ ആഭ്യന്തരമായിരിക്കുന്ന ആത്മാ പി മിഥ്യാകരിപ്പൻ പിത ആത്മത്വേന പ്രാണമയഹ എങ്ങനെയാണോ ഇത് മിഥ്യ പരികൽപ്പിതമായിരിക്കുന്ന അതുപോലെ കപ്പിതമായിരിക്കുന്ന ആ പിഡത്തിന് ആത്മാവായി എങ്ങനെ അത് പ്രാണമയനായി പ്രാണവായു തന്മയ പ്രാണെന്ന് പറഞ്ഞ വായുവാണ് തന്മയനായി തത്പ്രായ അതാണ് അതിന് പ്രാധാന്യമുള്ളവനായി തീന പ്രാണമയന അന്നരസമയ ആത്മായുഷ പൂർണവും വായുനായുവൃതി ആ പ്രാണമയനായ ആത്മാവ് ഈ അന്നമയനായ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ വായുനാധൃതി ഇരുമ്പ് പണിക്കാരന്റെ കയ്യിലിരിക്കുന്ന ധൃതി പോലെ അതെങ്ങനെയാണോ വായുവിനാൽ നിറഞ്ഞിരിക്കുന്നത് അതുപോലെ ഈ അന്നമയം പ്രാണനാൽ നിറഞ്ഞിരിക്കുന്നു അതാണല്ലോ അനുഭവം അതാണ് പ്രാണമയൻ എന്ന് പറയുന്നത് ഇവിടെ പ്രാണനല്ലേ പിന്നൊന്നു ഈ അന്നമയൻ പ്രാണമയനാൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ചെറിയ പ്രവൃത്തികളെല്ലാം നിറങ്ങുന്നത് അതാണ് അന്നരസമയ ആത്മാഷ ഈ അന്നരസമയനായിരിക്കുന്ന ഈ ആത്മാ പൂർണ വായുന യുവദ്ര പൂർണ്ണനായിരിക്കുന്നു നിറഞ്ഞിരിക്കുന്നു ഒന്നിന്റെ ഉള്ളിൽ മറ്റൊന്ന് വയ്ക്കുന്ന പോലെയല്ല ഒന്നും മറ്റൊന്നും കൂടി കൂടിത്തറന്നു ഒന്നായിട്ട് അന്നമയനും പ്രാണമയനും ഒന്നായി പ്രവർത്തിക്കുന്നു പ്രാണനെ കൊണ്ടത് പ്രാണമയനാവുന്നു ലോഹം കാന്തമയമായി തീരുന്ന പോലെ അതുപോലെയാണ് ലോഹം കാന്തമയമാകുന്നു പറയുമ്പോൾ എന്താണ് ലോഹത്തിന്റെ ഉള്ളിൽ കാന്തമിരിക്കുന്നു എന്നല്ല അത് ലോഹം മയമായിരിക്കുന്നു എന്നുവെച്ചാൽ ലോകത്തിന്റെ ഉള്ളിലും ലോഹത്തിന്റെ പുറത്തും സർവത്ര വ്യാപിച്ചിരിക്കുന്നു അതിന് ഉള്ളെന്ന് പുറമേന്ന് പറയാൻ വയ്യ അതുപോലെ ഈ അന്നമയന പ്രാണമയൻ വ്യാപിച്ചിരിക്കുകയാണ് അന്നമയന്റെ ഉള്ളിലിരിക്കുകയാണ് അല്ലെങ്കിൽ പുറമേ ഇരിക്കണം എന്നത് പറയാൻ വയ്യ അന്നമയനെ പ്രാണവത്താക്കി ഇരിക്കുന്നു ആ അന്നമയനെ പ്രാണവത്താക്കുന്നതുകൊണ്ട് എന്തായിരുന്നു അവിടെ ചലനം സംഭവിക്കുന്നു ചലനവത്താക്കിയിരിക്കുന്നു അങ്ങനെയുള്ളത് പൂർണ്ണമായിരിക്കുന്നത് തേന പ്രാണമയനാൽ രസമയാക്കേഷപൂർണ്ണ അങ്ങനെ ഈ അന്നമയൻ പ്രാണമയനാൽ പൂർണ്ണമായിരിക്കുന്നു അങ്ങനെ കാരണം പറഞ്ഞു വായുനായി വധി രണ്ടും ഒന്നായി പ്രവർത്തിക്കുന്നു എന്നർത്ഥം ഇവിടെ ആദ്യം അന്നമയനായ പ്രാണൻ പുരുഷൻ രണ്ടാമത് പ്രാണമയനായ പുരുഷൻ രണ്ടും ഏകീഭവിച്ചിരുന്ന് പ്രവർത്തിക്കുന്നു ആ ഏകീഭവനത്തെയാണ് പറയുന്നത് ഒന്നിന്റെ ഉള്ളിൽ മറ്റൊരുവനിന്ന് പറയുന്നു സവായ പ്രാണമയാഷവി പുരുഷാകാര ഈ പ്രാണമയനും പുരുഷാകാരനാണ് എങ്ങനെയാണോ അന്നമയൻ പുരുഷരൂപത്തിലായത് പ്രാണമയനും മനോമയനും വിജ്ഞാനമയനും അനന്തമയനും എല്ലാ അതുപോലെ പുരുഷരൂപത്തിലാണ് ഇന്ന് അതിനെല്ലാം പക്ഷിയോട് കുടിക്കാം പക്ഷിയുടെ രൂപമാണത് എല്ലാത്തിനും ശിരസും ചിറകുകളും ബാലം ആത്മാവും എല്ലാത്തിനും അതാണ് അടുത്ത് വിശദീകരിക്കുന്നത് പ്രാണമയനും പുരുഷാകാരനാണ് സ്ഥിരപക്ഷാതി അതടുത് വിശദീകരിക്കുന്നു